അധ്യായം എട്ട് അനന്തരം എലീഷ തൻ മകനെ ജീവിപ്പിച്ചുകൊടുത്തിരുന്ന സ്ത്രീയോട് നീയും നിന്റെ ഭവനവും പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തുകൊള്ളീൻ യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ അത് ഏഴ് സംവത്സരം ദേശത്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു അവളും ഭവനവും ഫലിസ്തീശത്ത് പോയി ഏഴ് സംവത്സരം പരദേശവാസം ചെയ്തു ഏഴ് സംവത്സരം കഴിഞ്ഞിട്ട് അവൾ ഫെലിസ്തീ ദേശത്തുനിന്ന് മടങ്ങിവന്നു പിന്നെ അവൾ തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിപ്പാൻ ചെന്നു അന്നേരം രാജാവ് ദൈവപുരുഷന്റെ ബാല്യക്കാരനായ ഗേഹസിയോട് സംസാരിക്കുകയും എലീഷ ചെയ്ത വൻകാര്യങ്ങളൊക്കെയും നീ എന്നോട് വിവരിച്ചു പറക എന്ന് കൽപ്പിച്ചു മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തന്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു അപ്പോൾ ഗേഹസി യജമാനനായ രാജാവ് ഇവൾ തന്നെ ആ സ്ത്രീ എലീഷ ജീവിപ്പിച്ചുകൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിന്റെ ആദായവും അവൾക്ക് കുടിപ്പിക്കണം എന്ന് കൽപ്പിച്ചു അനന്തരമിലീശ ദമേശക്കിൽ ചെന്നു അന്ന് അരാം രാജാവായ ബൻഹതദ് ദീനം പിടിച്ച് കിടക്കുകയായിരുന്നു ദൈവപുരുഷൻ വന്നിട്ടുണ്ട് എന്ന് അവൻ അറിവുകിട്ടി രാജാവ് ഹസായേലിനോട് ഒരു സമ്മാനമെടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്ന് കണ്ട് ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോയെന്ന് അവൻ മുഖാന്തരം യഹോവിയുടെ ചോദിക്ക പറഞ്ഞു അങ്ങനെ ഹസായേൽ ദമ്മേശിക്കിലെ വിശേഷ വസ്തുക്കളിൽ നിന്നൊക്കെയുമെടുത്ത് നാൽപ്പത് ഒട്ടക ചുമടുമായി അവനെ ചെന്ന് കണ്ടു അവന്റെ മുമ്പിൽ നിന്നു നിന്റെ മകൻ അരാം രാജാവായ എന്നെ നിന്റെ അടുക്കൽ അയച്ചു ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് ചോദിക്കുന്നു എന്നു പറഞ്ഞു അതിന് എലീശ നീ ചെന്നവനോട് നിനക്ക് നിശ്ചയമായിട്ട് സൌഖ്യം വരും എന്ന് പറകാം എന്നാൽ അവൻ നിശ്ചയമായി മരിച്ചുപോകുമെന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നു പറഞ്ഞു പിന്നെ ലജ്ജ തോന്നുവോളം അവൻ കണ്ണുപറിക്കാതെ അവനെ ഉറ്റുനോക്കി ദൈവപുരുഷൻ കരഞ്ഞു യജമാനൻ കരയുന്നതെന്ത് എന്ന് ഹസായൽ ചോദിച്ചതിനവൻ നീ ഇസ്രയേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നതു തന്നെ നീ അവരുടെ ദുർഗങ്ങളെ തീയിട്ടു ചൂടുകയും അവരുടെ യൌവനക്കാരെ വാൾകൊണ്ട് കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഈ മഹാകാര്യം ചെയ്യുവാൻ നായയിരിക്കുന്ന അടിയൻ എന്തുമാത്രമുള്ളൂ എന്ന് ഹസായൽ പറഞ്ഞതിന് എലീശ നീ അരാമിൽ രാജാവാകും എന്ന് യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ എലീശയെ വിട്ട് പുറപ്പെട്ട് തന്റെ യജമാനന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ നിന്നോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു നിനക്ക് നിശ്ചയമായി സൌഖ്യം വരുമെന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് അവൻ ഉത്തരം പറഞ്ഞു പിറ്റേന്നാൾ അവനൊരു കമ്പിളിയെടുത്ത് വെള്ളത്തിൽ മുക്കി അവന്റെ മുഖത്തിട്ടു അതിനാൽ അവൻ മരിച്ചുപോയി അസായേൽ അവനുപകരം രാജാവായി തീർന്നു ഇസ്രയേൽ രാജാവായ അഹാബിന്റെ മകനായ യോരാമിന്റെ അഞ്ചാം ആണ്ടിൽ യഹോ യഹൂദയിൽ രാജാവായിരിക്കുമ്പോൾ തന്നെ യഹൂദ രാജാവായ യഹോ മകൻ യഹോരാം രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ട് സംവത്സരം എരുശുലേമിൽ വാണു ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നതുകൊണ്ട് അവൻ ആഹാബിന്റെ ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എങ്കിലും യഹോവ തന്റെ ദാസനായ ദാവീദിനോട് അവനും അവന്റെ മക്കൾക്കും എന്നേക്കും ഒരു ദീപം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതുകൊണ്ട് അവന്റെ നിമിത്തം യഹൂദയെ നശിപ്പിപ്പാൻ തനിക്ക് മനസ്സായില്ല അവന്റെ കാലത്ത് ഏതോമ്യർ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു അപ്പോൾ യഹോരാം സകല രഥങ്ങളുമായി സായിരിലേക്ക് ചെന്നു എന്നാൽ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏതോമ്യരെയും രഥനായകന്മാരെയും തോൽപ്പിച്ചു ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടിപ്പോയി അങ്ങനെ ഏതോ മ്യർ യഹൂദയുടെ മേലധികാരത്തോട് ഇന്നുവരെ മത്സരിച്ച് നിൽക്കുന്നു ആ കാലത്ത് തന്നെ മത്സരിച്ചു യഹോരാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ യഹോരാം തന്റെ പിതാക്കന്മാരെ പോലെ അവന്റെ പിതാക്കന്മാരോടുകൂടെ ദാവിദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി ഇസ്രയേൽ രാജാവായ അഹാബിന്റെ മകൻ യോരാമിന്റെ പന്ത്രണ്ടാം ആണ്ടിൽ യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യാവ് രാജാവായി അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ഒരു സംവത്സരം എരുഷലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അധല്യ എന്ന് പേർ അവൾ ഇസ്രയേൽ രാജാവായ ഒമ്രിയുടെ പൗത്രിയായിരുന്നു അവൻ ആഹാബ് ഗ്രഹത്തിന്റെ വഴിയിൽ നടന്ന് ആഹാബ് ഗ്രഹം ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ ആഹാബിന്റെ ഗ്രഹത്തോട് സംബന്ധമുള്ളവൻ യിരുന്നുവല്ലോ അവൻ ആഹാബിന്റെ മകനായ കൂടെ ഗിലയാദിലെ രാമോത്തിലേക്ക് അരാം രാജാവായ ഹസായലിനോട് യുദ്ധം ചെയ്യുവാൻ പോയി എന്നാൽ അരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു അരാം രാജാവായ ഹസായലിനോടുള്ള യുദ്ധത്തിൽ രാമയിൽ വച്ച് അരാമ്യർ തന്നെ വെട്ടിയ മുറിവുകൾക്ക് ഇസ്രയേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് ോരാം രാജാവ് മടങ്ങിപ്പോയി ആഹാബിന്റെ മകനായ യോരാം രോഗിയാകൊണ്ട് യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യാവ് ഇസ്രയേലിൽ അവനെ കാൺമാൻ ചെന്നിരുന്നു